മുസ അലിഹിസ്സലാം പറഞ്ഞു അള്ളാഹു സുബാനഹൂവത്ത് അയലായുടെ അടുക്കൽ നിന്ന് ആരാണ് സന്മാർഗവുമായി വന്നതെന്നും പരലോകത്താർക്കായിരിക്കും ശുഭകരമായ പരിസമാപ്തിയെന്നും എന്റെ രക്ഷിതാവിന് നന്നായി അറിയാം തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല